അനുമാനം അറിഞ്ഞിരിക്കണം കൂടുതൽ പഠിക്കുന്നവർ എങ്ങനെയാണ് അനുമാനം ഞാനിപ്പോൾ പറഞ്ഞ അനുമാനം എങ്ങനെയാണ് ബ്രഹ്മ അജിജ്ഞാസ്യം അസന്തിഗ്ധത്വ യഥ സമനസ്കേന്ദ്രി സന്നിഗൃഷ്ടീതാലോക മധ്യവർത്തി ഘട അതുവരെ വിനുമാണ് രണ്ടാമത്തെ ബ്രഹ്മ അജിജ്ഞാസ്യം അപ്രയോജനവത്വത കരടദന്ത അതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ചുള്ള എന്താണ് പ്രതിപിസ എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ പ്രതിപത്ത് അത് വേണ്ട പ്രതിപിസ എങ്ങനെ ശ്രദ്ധിക്കുമെന്നാണ് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞത് എങ്ങനെയാണ് പ്രതിപിസ എന്ന് പറയുന്ന ശബ്ദം ജിജ്ഞാസം എന്നുള്ള അർത്ഥം വന്നു എങ്ങനെ ശ്രദ്ധിക്കുന്നു സന്നം ഏതാണ് ധാതു പത്രൽ ഗതോ ധാതോ കർമ്മണ സമാനകൃത ഗാദി ചായാമ്പ സണ്ണ് സന്നിങ്ങോഹോദിത്വം പിന്നെ സനിമി മാഘുലഭര ും അത്ര ലോ അഭ്യാസ അഭ്യാസം ലഭിച്ചു ഇസ് എന്നിരിക്കുന്നു അച്ഛൻ എത്തിസ് വന്നു കഴിഞ്ഞാൽ സ്കോ സമീപാദ്യ സകാരം ലഭിക്കും എന്നിരിക്കുന്നു അജാധ്യഷ്ഠാപക സൗനദീർഘ പ്രതിപൂർവത്തി ഒന്നും പ്രതി പിസ്സ സന്നദ്ധമാണ് തഥാച ഇതം ബ്രഹ്മേതി വ്യാപക വിരുദ്ധ ഉപലബ്ധി അപ്പൊ ഈ ഇങ്ങനെ പറയുമ്പം ഈ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ എന്താണോ എത്ര ധൂമഹ തത്ര അഗ്നി എന്ന് വ്യാപക ഏതാണ് മന്യി വ്യാപ്യ ഏതാണ് ധൂമം അപ്പൊ ഇവിടെ ഇപ്പൊ പറയണം ബ്രഹ്മ അജിജ്ഞാസ്യം എന്താണ് അസന്തിഗ്ധത്വ അപ്രയോജനവത്വച്ച വ്യാപകം ഏതാണ് അജിജ്ഞാസ്യത്വം അതായത് പർവതഹ വന്യമാൻ എന്ന് പറയുമ്പോൾ വന്യവ്യാപകമായി അതുപോലെ ബ്രഹ്മ അജിജ്ഞാസ്യം അതിജ്ഞാസ്യത്വം വ്യാപകമായി ഹേതവും പറഞ്ഞു പഞ്ചമിയാന്തത്തിൽ പറയുന്ന ഹേതുവായിരിക്കും പ്രഥമാന്തത്തിൽ പറയുന്നത് സാധ്യമായിരിക്കും അതാണ് വ്യാപകം ഇതൊക്കെ തർക്ക സംഗ്രഹത്തിൽ പഠിച്ചാണ് ഇത് പറയുമ്പോൾ ആ നിയമങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടത് തഥാച ഇതം ബ്രഹ്മ അതുപോലെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഘടവും കരടദന്തവും പോലെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അജിജ്ഞാസ്യമാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയുടെ ആവശ്യം എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കേണ്ട കാര്യമില്ല അതാണ് തഥാച ബ്രഹ്മ തഥാജ എന്ന് പറഞ്ഞ തഥാച എന്ന് പറഞ്ഞ അസന്ധിഗ്ധവും അപ്രയോജനവുമാണ് തഥാചെന്ന് പറഞ്ഞു എന്ത് ഇതം ബ്രഹ്മ ഈ ബ്രഹ്മവും അസന്ധിഗ്ധവും അപ്രയോജനവുമാണ് എന്ന് വെച്ചാൽ ഈ ബ്രഹ്മത്തെക്കുറിച്ചും ആർക്കും സംശയവുമില്ല ഈ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് ഇത് അജിജ്ഞാസ്യമാണ് ഇതിനെ അറിയാനും ആഗ്രഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായ തഥാച എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പറഞ്ഞത് അസന്ധിഗ്ധം ആ അസന്തിഗ്ധം അപ്രയോജനത്വം ച എന്ത് അപ്രയോജനം ച എന്ത് ഇതം ബ്രഹ്മ ഈ ബ്രഹ്മം ബ്രഹ്മത്തിനെ കുറിച്ച് ആർക്കും സംശയവുമില്ല ഇത് ആര് പറയുന്ന പൊറോക്ഷി ഓർക്കണം സിദ്ധാന്തിന്റെ പറയും സംശയമുണ്ടെന്ന് പൊറോക്ഷി പറയാണ് ബ്രഹ്മത്തെക്കുറിച്ച് ഒരു സംശയവുമില്ല അപ്രയോജനം ഇത് അറിഞ്ഞിട്ട് ആ ഒരു പ്രയോജനമില്ല ഓർവക്ഷി എന്ന് പറഞ്ഞാൽ അവര് അദ്വൈതത്തെ അംഗീകരിക്കാത്ത ആരോ അവര്യോജനമില്ല ഇതം ഇതം എന്ന് പറഞ്ഞാൽ ഇതം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിജ്ഞാസ്യം എന്ന് പറയുന്ന ബ്രഹ്മം സിദ്ധാന്തി എന്താ പറയുന്ന ബ്രഹ്മ ബ്രഹ്മം ജിജ്ഞാസ്യമാണ് അറിയാൻ ആഗ്രഹിക്കുന്നതാണ് എന്ന് പറയുന്ന ഈ ബ്രഹ്മം അങ്ങനെയല്ല ഇത് ജിജ്ഞാസ്യമല്ല എന്തുകൊണ്ട് ഇത് അസന്ദിഗ്ധവും അപ്രയോജനമാണ് ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ സിദ്ധാന്തിയുടെ അഭിപ്രായത്തിൽ ജിജ്ഞാസ്യമായിരിക്കുന്ന ബ്രഹ്മ അങ്ങനെയല്ലെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസിനും വേണ്ടെന്നാണ് അവർ പറയുന്ന ഇതി എന്ന് പറഞ്ഞാൽ വിത്യതഹ കാരണത്താൽ ഓരോ വാക്കിൻ്റെ അർത്ഥ ചിലത്തി മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് വാക്യം വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാകത്തും സ്വയം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് സ്വയം വായിച്ചിട്ട് വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം തോന്നണം അതാണ് പഠിത്തം കഥ കേൾക്കുന്നതെന്ന് നമ്മൾ ഇന്നെടുത്ത് വായിച്ചു പോകുമ്പോൾ നമുക്ക് അർത്ഥം തോന്നണം അർത്ഥം തോന്നുന്നു മാത്രമല്ല വേറെ ഒക്കെ ഇത് വായിച്ച അർത്ഥം മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവും വേണം അങ്ങനെ പഠിത്തമാകത്തുള്ളൂ ഇതി എന്ന് ചൈത്യതഹ അതുകൊണ്ട് എന്താണ് വ്യാപക വിരുദ്ധ ഉപലബ്ധി വ്യാപക വിരുദ്ധ ഉപലബ്ധി അപ്പോ വ്യാപകം ഇവിടെ എന്താണ് ജിജ്ഞാസ്യത്വം എന്നുള്ള വ്യാപകമൊന്നും നേരത്തെ പറഞ്ഞത് അനുമാനത്തിലെ വ്യാപകം എന്ന് വെച്ചാൽ ബ്രഹ്മത്തെയാണ് പറയുന്നത് ജിജ്ഞാസ്യമാണെന്ന് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് ജിജ്ഞാസ്യമല്ല അതാണ് പറയുന്നത് വ്യാപക വിരുദ്ധം ബ്രഹ്മം എന്ന് പറയുന്നതിനോട് ജിജ്ഞാസ്യത്വം യോജിക്കത്തില്ല ബ്രഹ്മം എന്താണ് അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ വിഷയമാകത്തില്ല എന്തുകൊണ്ട് വ്യാപക വിരുദ്ധമായ ജിജ്ഞാസത്വത്തിൻ്റെ വിരുദ്ധമായ ഉപലബ്ധി ജ്ഞാനമുണ്ട് എന്നാണ് അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കേണ്ട ഒന്നല്ല പിന്നെ എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് അറിയുന്ന ഒന്നാണ് അറിയുന്ന ഒന്ന് പിന്നെ എന്തിനറിയാൻ അതാണ് വ്യാപക വിരുദ്ധമായ ഉപലബ്ധി ഉണ്ട് എന്തിൻ്റെ ഉപലബ്ധി ബ്രഹ്മത്തിന്റെ എന്നാണ് എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ ജിജ്ഞാസ്യത്വം ഇല്ല എന്നർത്ഥം അതറിയാൻ ആഗ്രഹിക്കേണ്ടതെന്നല്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അത് അസന്നിഗ്ധമാണ് അപ്രയോജനവുമാണ് ബ്രഹ്മത്തിനെക്കുറിച്ച് ഒരു സന്ദേഹവുമില്ല ബ്രഹ്മത്തെക്കുറിച്ച് ബ്രംഭത്തെ അറിഞ്ഞിട്ടൊരു പ്രയോജനമില്ല എന്നാല് പറയുന്നു അതാണ് വ്യാപക വിരുദ്ധോപലബ്ധി അപ്പോ ഇവിടെ സമവ്യാപ്തിയാണ് ഈ പറയുന്നത് എത്ര സന്ദിഗ്ധം സപ്രയോജനത്വം തത്ര ജിജ്ഞാസ്യത്വം എത്ര ജിജ്ഞാസ്യത്വം തത്ര സന്ദിഗ്ധം സപ്രയോജനത്വം സപ്രയോജനം രണ്ടു തരത്തിലും പറയാം എവിടെ എവിടെയെല്ലാം സംശയവും പ്രയോജനമുണ്ടോ അവിടെ എവിടെയെല്ലാം അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും എവിടെ എവിടെയെല്ലാം അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുമോ അവിടെ എവിടെയെല്ലാം സന്ദേഹവും പ്രയോജനവും ഉണ്ടാവും തരത്തിലും പറയാം മനസ്സിലായോ വ്യാപ്തി പറയുമ്പോ എവിടെ ധൂമം ഉണ്ടോ അവിടെ എവിടെയെല്ലാം മഞ്ഞ ഉണ്ടെന്ന് പറയാം തിരിച്ചു പറയാൻ പറ്റില്ല എവിടെ എവിടെ മഞ്ഞുണ്ടോ അവിടെ ധൂമം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എവിടെ എവിടെയെല്ലാം പുകയുണ്ടോ അവിടെ എവിടെയെല്ലാം തീയുണ്ടെന്ന് പറയാം എവിടെ എവിടെയെല്ലാം തീയുണ്ടോ അവിടെ എവിടെ പുകയുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അയവോളവും ചുട്ടു പഴുത്ത ഇരമ്പുണ്ടയിൽ തീയുണ്ട് പുകയില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല രണ്ടു രീതിയിലും പറയാം സമവ്യാപ്തി എന്ന് പറയുന്നത് എവിടെ എവിടെയെല്ലാം പ്രയോജനവും സംശയമുണ്ട് അവിടെ എവിടെയെല്ലാം ജിജ്ഞാസ്യത്വം കൊണ്ട് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും എവിടെ എവിടെയെല്ലാം അറിയാനുള്ള ആഗ്രഹമുണ്ട് അവിടെ എവിടെയെല്ലാം എന്തുകൊണ്ട് സന്ദേഹം ഉണ്ടാവും പ്രയോജനം ഉണ്ടാവും പക്ഷെ ഇവിടെ ബ്രഹ്മത്തിന്റെ കാര്യം വരുമ്പോ എന്താണ് അവിടെ സന്ദേഹമേ ഇല്ല പ്രയോജനവും ഇല്ല അതുകൊണ്ട് തന്നെ അറിയാനുള്ള ആഗ്രഹവും ഉണ്ടാകത്തില്ലതാണ് വ്യാപക വിരുദ്ധമായ ഉപലബ്ധി വ്യാപകം എന്ന് പറയുന്ന ജിജ്ഞാസ്യത്വം ഏതെടുത്താലും ശരി സമവ്യാപ്തി ആയതുകൊണ്ട് ഏതിനെയും വ്യാപകമായിട്ടെടുക്കാം സമവ്യാപ്തിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ഹേതുവിനെയും സാധ്യത്തെയും രണ്ടിനെയും വ്യാപകമായിട്ടെടുക്കാം മനസ്സിലായോ നമുക്കിങ്ങനെ പറയാം ബ്രഹ്മം ജിജ്ഞാസ്യമല്ല അറിയാനുള്ള ആഗ്രഹം അവിടെ ഉണ്ടാവത്തില്ല പ്രയോജനമില്ല സന്ദേഹമില്ല ബ്രഹ്മത്തിൽ പ്രയോജനമില്ല സന്ദേഹമില്ല അതുകൊണ്ട് അവിടെ അറിയാനുള്ള ആഗ്രഹവും ഉണ്ടാകത്തില്ല രണ്ടിനെയും വ്യാപകമായിട്ടെടുക്കാം വ്യാപകാഭാവം എന്ന് പറയുമ്പോൾ ഹേതുവിൻ്റെയും സാധ്യത്തിൻ്റെ അഭാവം പറയാം ചുരുക്കത്തിൽ എന്താണ് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ ഒരു പ്രയോജനമില്ല അതിനെക്കുറിച്ച് അവർക്ക് സംശയവും ഇതാണ് പറയുന്നത് അതാണ് പറയുന്നത് വ്യാപക വിരുദ്ധ അപ്പൊ ബ്രഹ്മം എന്താണ് ഒന്നും ഒരു സംശയമില്ലാന്ന് വെച്ചാൽ ബ്രഹ്മത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നില്ലേ എന്നാണ് എന്റെ അർത്ഥം അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുക അതെങ്ങനെ ബ്രഹ്മത്തെ എല്ലാവരും അറിയുന്നെങ്കിൽ പൂർവോക്ഷിയാണ് പറയുന്നത് ബ്രഹ്മത്തെല്ലാവർക്കും അറിയാവുന്നു ബ്രഹ്മത്തെങ്ങനെ എല്ലാവരും അറിയും അറിഞ്ഞാലല്ലേ ഒരു സംശയം ഉണ്ടാകാതിരിക്കൂ അപ്പോഴല്ലേ അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഇത് അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ ഈ വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനുള്ള ആഗ്രഹം ബ്രഹ്മത്തെ അറിയുന്നുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ ആർക്കും ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല ഇപ്പോൾ പൂർവക്ഷി ബ്രഹ്മത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മം എന്ന് പറയുന്ന അദ്വൈതങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗഹനമായൊരു വിഷയമാണ് നേരിട്ടങ്ങോട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഇത് പിടികിട്ടത്തില്ല ഇപ്പൊ ഇതിനെ എന്താണ് പല പല പല പല വഴികളിലൂടെ ഇതിനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൂർവപക്ഷം സിദ്ധാന്തം പൂർവപക്ഷം സിദ്ധാന്തം ഇങ്ങനെ പല വ്യക്തികൾ പറയും ചർച്ച ചെയ്തു അല്ലാതെ ഒരാൾക്ക് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവിടെ പിടികിട്ടത്തില്ല പിടിയിട്ടും വേറെ എന്തെങ്കിലും ധരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഈ പൂർവപക്ഷവും ഈ ചർച്ചകളും ഒക്കെ വരുന്നത് ഇനി ബ്രഹ്മം എന്താണ് എല്ലാവർക്കും അറിയാവെന്ന് ഒരു സംശയരഹിതമായി അറിയാം അതിന് അതിനെ വിശദീകരിക്കുന്നു സച അയം ആ കീടപതംഗേഭ്യ ആചദേവർഷിഭ്യ പ്രാണഭരൺ മാത്രസ്യ അതിനൊന്നും തഥാഹി ബ്രഹുത്വാ ബ്രഹ്മണത്വാത് വ ആത്മേവ ബ്രഹ്മേ ദി ഗീയത്തെ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് പൂർവക്ഷി പറയാണ് സിദ്ധാന്തി എന്ന് ധരിക്കരുത് പൂർവക്ഷി പറയുന്നത് ഈ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അത് ആത്മാവ് തന്നെ മനസ്സിലായോ ഇതാണ് സിദ്ധാന്തം സിദ്ധാന്തത്തെ പൂർവക്ഷിയെ കൊണ്ട് പറയുകയാണ് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെ ബ്രഹ്മ ഇങ്ങനെ ആത്മാവാകും പറയാം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബൃഹത്വാ ബ്രഹ്മ ബൃഹി ബ്രഹ്മി ബൃദ്ധു എന്ന് പറയുന്ന ഒരു ധാതു ബ്രഹ്മേനോ അച്ഛ എന്നുള്ള സൂത്രപ്രകാരം ഉണാതിയിലെ സൂത്രപ്രകാരമാണ് ബ്രഹ്മശബ്ദ സ്ഥിതിക്കുന്നത് ബ്രഹിബൃദ്ധം എന്ന് വെച്ചാൽ വ്യാപകം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വ്യാപകം ആയതെന്നർത്ഥം വ്യാപകം എന്ന് വെച്ചാൽ ആകാശത്തെക്കാളും വ്യാപകമായത് ആകാശത്തെയും ഉൾക്കൊള്ളുന്നതാണെന്ത് ബ്രഹ്മം ബൃഹത്വാ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രഹ്മം എന്ന് വ്യാപകമാണ് എന്ന് പറയുന്നു പിന്നെ ബൃഹത്വാ ബ്രഹ്മണത്വാ ബ്രഹ്മണം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മണത്വ അല്ലേ അതിലങ്ങനെയോ ബ്രഹ്മണത്വാ ബ്രഹ്മണത്വാ തന്നെ പിന്നെന്താ എന്താന്ന് പറഞ്ഞത് ബ്രഹ്മണത്വ എന്ന് വെച്ചാൽ ദേഹാദി പരിണാമിതൃത്വാ ദേഹാദികളെ പരിണമിപ്പിക്കുന്നത് അതാണ് ബ്രഹ്മം മനസ്സിലായ നേരത്തെ പറഞ്ഞ് ബ്രഹ്മമാണ് ആത്മാവ് അപ്പോൾ ബ്രഹ്മം ഇവിടെ ഇരിക്കുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്നു ഈ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മചൈതന്യം അതുള്ളതുകൊണ്ടാണ് ഈ നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന അന്നപാനാദികൾ കൊണ്ട് ഈ ശരീരത്തിന് ഈ മാറ്റങ്ങളെല്ലാം പരിണാമങ്ങളെല്ലാം വരുന്നത് ഉള്ളിൽ ബ്രഹ്മചൈതന്യം ഇരിക്കുന്നതുകൊണ്ടാണ് ബാല്യം യൗവനം വാർദ്ധക്യം ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത് ശരീരത്തിന് പരിണാമം സംഭവിക്കണം ഈ ശരീര പരിണാമം സംഭവിക്കുന്നത് ഇത്തരത്തിൽ അങ്ങനെ ബാല്യം യൗവനം വാർദ്ധക്യം ഈ തരത്തിൽ പരിണാമം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം അന്നപാനാദികൾ വേണം അത് മാത്രം മതിയോ മൃതശരീരത്തിൽ കുറച്ച് അന്നവും പാനീയവുമൊക്കെ കൊടുത്താതെ അതിന് ബാല്യം യൗവനം വാർദ്ധക്യമൊക്കെ ഉണ്ടാവും അപ്പോൾ ഉള്ളിലൊരു ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ പരിണമിപ്പിക്കുന്നത് അങ്ങനെ ബ്രഹ്മണം ചെയ്യുക എന്ന് വെച്ചാൽ പരിണമിപ്പിക്കുക അപ്പൊ ശരീരത്തെ പരിണമിപ്പിക്കുന്നത് കൊണ്ടാണ് ആത്മാവിനെ ബ്രഹ്മം എന്ന് പറയുന്നത് ആത്മാവിനെ ബ്രഹ്മം എന്ന് പറയുന്നതിന് രണ്ട് കാരണമുണ്ട് ഒന്നെന്താണ് അത് ബൃഹത്തായി വ്യാപകമായതുകൊണ്ട് ബ്രഹ്മം ആത്മാവിന്റെ പേരാണ് ബ്രഹ്മം പക്ഷേ ഈ ആത്മാവിനെ ബ്രഹ്മം എന്ന് എന്തുകൊണ്ട് പറയുന്നു ഒരു കാരണം ആത്മാവ് ബൃഹത്താണ് വ്യാപകമായതുകൊണ്ടാണ് ബ്രഹ്മം എന്ന പേര് ഇത് വളരെ പ്രസിദ്ധമായ വ്യാഖ്യാനമാണ് ബൃഹത്വ ബ്രഹ്മ അതുകൂടെ രണ്ട് കാര്യം പറയണം ഒന്നെന്താണ് ഈ ബ്രഹ്മ എന്ന് പറയുന്ന ആത്മാവ് തന്നെ എന്നാൽ പിന്നെ എന്തിനാതിന് ബ്രഹ്മ എന്ന് പറയുന്ന വ്യാപകമായതുകൊണ്ട് പിന്നെ ഒരു കാരണം കൂടെ പറയണം ഇതിനെ ബ്രഹ്മ എന്ന് പറയാൻ മറ്റൊരു കാരണം ബ്രഹ്മണത്വ നമ്മുടെ ശരീരത്തിൽ പരിണാമങ്ങളെ പരുത്തുന്നത് കൊണ്ട് ആ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഉള്ളതുകൊണ്ടാണ് പരിണാമ ചത്തുകഴിഞ്ഞ ഉണ്ടാവും ബാല്യം യൗവനം മാർദ്ധകീയതൊക്കെ ഉണ്ടാവും അപ്പോ ആത്മാവിനെ ബ്രഹ്മം എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഒന്നെന്താണ് വ്യാപകമായതുകൊണ്ട് രണ്ടാമത്തെ എന്താണ് ശരീരാദികളിലൊക്കെ പരിണാമം ഉണ്ടാക്കുന്നു ശരീരത്തിലും മനസ്സിലും പ്രാണനിലും ഒക്കെ പരിണാമം ഉണ്ടാക്കുന്നു എന്താണ് ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ആത്മാവ് ചൈതന്യമാണ് അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് അത് ഇല്ലാതായി കഴിഞ്ഞാൽ എന്തോരും പിന്നെ ബാന്യം യൗവനം വർദ്ധിക്കുന്നു ഉണ്ടാകത്തില്ല ശരീരത്തിൽ പരിണാമം നടക്കും ചീഞ്ഞു പോവും മനസ്സിലായ പറയുന്നത് തഥാഹി ബ്രഹത്വാ ബ്രഹ്മണത്വാ ബ്രഹത്വം അല്ലെങ്കിൽ ബ്രഹ്മണത്വം കൊണ്ട് ആത്മായേവ ബ്രഹ്മേദിക്കീയതേ ബ്രഹ്മെന്ന് പറയുന്ന എന്തിനെ തന്നെ ആത്മാവിനെ തന്നെയാണ് ഇപ്പം ബ്രഹ്മവും ആത്മാവും ഒന്നാണെന്ന് പറഞ്ഞു ഞാൻ അടുത്ത് പറയുന്നത് എന്താണ് ഞാനത്തെ പറഞ്ഞല്ലോ ഇതിനെല്ലാവർക്കും അറിയാവുന്നു അറിയാവുന്നതുകൊണ്ട് ആർക്കും സംശയമില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ജിജ്ഞാസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അതെല്ലാരും അറിയുന്ന എങ്ങനെ പറയുന്നു സചം ആകീടപതംഗേഭ്യ ആജദേവർഷിഭ്യ പ്രാണഭൃന്മാത്ര ഇദങ്കാരാസ്പദേഭ്യോ ദേഹ ഇന്ദ്രിയ മനോബുദ്ധിവിഷയേഭ്യോ വിവേകേന അഹം ഇതി അസന്ദിഗ്ധ അവിപര്യസ്ഥ അപരോക്ഷ അനുഭവസിദ്ധ ഇതിന ജിജ്ഞാസാസ്പദം അവിടെ പറയുന്നത് കീടങ്ങൾ തുടങ്ങി ദേവന്മാരുവരെയുള്ള സർവരും സർവർക്കുമുള്ള അനുഭവമാണ് എന്ത് അഹം സർവർക്കുമുള്ള അനുഭവമാണ് അഹം ഈ അഹം എന്ന് പറയുന്നത് എന്നെയാണ് ആത്മാവ് എന്ന് വെച്ചാൽ ഈ അഹത്തിലൂടെ അറിയുന്നതാണ് ആത്മാവ് അഹം എന്നുള്ള ബോധത്തിലൂടെ ആരെ അറിയുന്നത് അതിലാർക്കും സംശയത്തിന്റെ കാര്യമില്ല അഹം എന്നുള്ള ഈ ബോധത്തിലൂടെ ആത്മാവിനെല്ലാരും അറിയുന്നു പിന്നെ ഇതിലാർക്കാ സംശയം ആത്മാവിനെ അറിയുന്നുള്ളൂ ബ്രഹ്മത്തെ അറിയില്ലെന്ന് പറയാൻ പറ്റുമോ പറ്റൂ എന്തുകൊണ്ട് ആത്മാവ് തന്നെ ബ്രഹ്മം എല്ലാരും ആത്മാവിനെ അറിയുന്നുണ്ട് എല്ലാരും അറിയുന്നുണ്ടെങ്കിൽ ഇതിൽ സംശയമുണ്ടോ അപ്പൊ പിന്നെ ഇതിനെന്നെ അറിയാനുള്ള ആഗ്രഹത്തിന്റെ ആവശ്യമുണ്ടോ ഇതാണ് ആദ്യം പറഞ്ഞത് ഇതാണ് ആദ്യം പറഞ്ഞത് അപ്പൊ ബ്രഹ്മത്തെ അറിയേണ്ട ആഗ്രഹം ആർക്കും ആവശ്യമില്ല കാരണം ബ്രഹ്മത്തെ എല്ലാവരും അറിയുന്നുണ്ട് എങ്ങനെ അറിയുന്നു അഹം എന്നുള്ള അനുഭവത്തിലൂടെ അറിയുന്നു ഇതാണ് പറയുന്നതിന്റെ ചുരുക്കം അഹം എന്ന് അറിയുന്ന എന്തിനെ ബ്രഹ്മത്തെ തന്നെ അത് തന്നെ അത് എങ്ങനെ അറിയുന്നു എന്ന് പറയുന്നു സച്ചായം സച്ചായം എന്ന് പറയുന്ന എന്തിനെ ത്മാവ് ആത്മാ പുല്ലിംഗ ശബ്ദം ബ്രഹ്മം നൌസലിംഗമാണ് അപ്പൊ സാ എന്ന് പറഞ്ഞ ആത്മാവാണ് ഈ ആത്മാവ് ആ കീടപതംഗേഭ്യ കീടപതംഗങ്ങൾ വരെയുള്ള പ്രാണികൾ കീടപതംഗങ്ങളെന്ന് വെച്ചാൽ അങ്ങേറ്റം ഏറ്റവും ചെറിയ പ്രാണികൾ തുടങ്ങി ആചദേവർഷിഭ്യ ദേവർഷികൾ ദേവന്മാർ ഈ ചെറിയ കീടങ്ങൾ അതാണ് കീടപതംഗം പതംഗം എന്ന് വെച്ചാൽ ശലഭങ്ങൾ കീടപതംഗങ്ങളിൽ തുടങ്ങി ആജദേവർഷിപ്പ് ദേവന്മാർ വരെയുള്ള ആര് പ്രാണഭൃന്ത് മാത്രം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണികളും പ്രാണനുള്ള എല്ലാവരെയാണ് പ്രാണി എന്ന് പറയുന്നത് പ്രാണഭി പ്രാണഭൃത് മാത്രം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണികളും മാത്രം എന്ന് വെച്ചാൽ സർവം എന്നും കീടപതംഗങ്ങൾ തുടങ്ങി ദേവന്മാരുവരെയുള്ള പ്രാണനുള്ള എല്ലാവരും എല്ലാവർക്കും പ്രാണനുണ്ട എല്ലാവരും ചത്തുപോയര കണക്കാക്ക അതുകൊണ്ടാണ് പ്രാണെന്ന് പറഞ്ഞത് അവർക്കെല്ലാം അഹങ്കാരാസ്പദ്യോ ദേഹ ഇന്ദ്രിയ മനോബുദ്ധി വിഷയഭ്യോ വിവേകേന ആ ഇതങ്കാരാസ്പദോ വായിച്ച തെറ്റിയാണ് ഇതങ്കാരാസ്പദേഭ്യോ ഇന്ദ്രിയ ബുദ്ധി മനോവിഷയു വിവേകേന ഈ എല്ലാ പ്രാണികളും എങ്ങനെയാണ് ഇതങ്കാരാസ്പദം ഇദങ്കാരം ഇതെന്നുള്ള അനുഭവം അതിന്റെ ആസ്പദം അതിന്റെ വിഷയമായിരിക്കുന്ന ഇത് എന്നറിയുന്ന ചുരുക്കം ഇത് എന്നറിയുന്ന എന്തിനെ ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി മറ്റു വിഷയങ്ങൾ ഇതിനെല്ലാം അങ്ങനെ നമ്മൾ അറിയുന്നു ഇതിനേക്ക് അഹം എന്നാണ് അറിയുന്നു ഇതൊന്നാണ് അപ്പൊ ഇതങ്കാരം എന്ന് വെച്ചാൽ ഇതൊന്നാണ് അനുഭവം ഇതങ്കാരാസ്പദം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞു ഇതവെന്നുള്ള അറിവിന്റെ വിഷയം ഇതൊന്നുള്ള പറയുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ശ്രദ്ധിച്ചിരിക്കുന്നു ഇതോ എന്ന് പറയുന്ന അറിവിന്റെ വിഷയമായിരിക്കുന്നതാണ് എന്തൊക്കെ ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ഇതൊക്കെ ബുദ്ധി തുടങ്ങിയ വിഷയങ്ങൾ പിന്നെ വിഷയം ഇതല്ല മറ്റു വിഷയങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ അറിയുന്നു ഇത് എന്നറിയുന്നു ഇതോ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് ഇതിനെയൊക്കെ അറിയുന്നത് ഇതിൽ നിന്നും വിവേകേന വിവേകന എന്ന് ഭിന്നമായി പറഞ്ഞ ഭിന്നമായിട്ട് എന്തിനെ അറിയുന്നു അഹമിതി ഞാനെന്ന് ശരീരം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി മറ്റ് വിഷയങ്ങളെയെല്ലാം എങ്ങനെ അറിയുന്നു ഇതെന്ന് ഇതിൽ നിന്ന് ഭിന്നമായി ഒന്നിനെ അറിയുന്നു എന്തിനെ ഞാൻ അഹമിതി ഞാനെന്ന് അസന്നിഗ്ധ അവിപര്യസ്ത അപരോക്ഷ സിദ്ധ പൂർവത്തിനോട് അന്വേഷിക്കുന്നതിനോട് സിദ്ധ സ ചം ആത്മാന്വയിക്കണം അഹമിതി ഞാനെന്ന് അസന്നിഗ്ധമായി എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ അവിപര്യസ്ഥം എന്ന് പറഞ്ഞാൽ ഭ്രമമില്ലാതെ അപരോക്ഷ അനുഭവ സിദ്ധമാണ് അഹം എന്ന് ഞാനെന്നിങ്ങനെ അപരോക്ഷമായ പ്രത്യക്ഷമായ അനുഭവത്തിലൂടെ സിദ്ധമാണെന്ത് സചായം ആത്മാറിഞ്ഞ ആത്മായെ കുറിച്ച് ഞാനെന്ന് എന്തിനെ അറിയുന്നു ആത്മാവിനെ അതെങ്ങനെ അറിയുന്നു ശരീരാദികളെന്നെന്നും വേറിട്ടറിയുന്നു അതിൽ ആർക്കെങ്കിലും ഭ്രഹമുണ്ടോ സംശയമുണ്ടോ പ്രത്യക്ഷമായ അനുഭവമാണ് ആഹോ എന്ന് അപ്പോ ഇതാണ് നേരത്തെ പറഞ്ഞാൽ എന്താണ് അഹം എന്ന് പറയുന്നത് വ്യാപക വിരുദ്ധ ഉപലബ്ധി ആത്മാവ് ബ്രഹ്മം അതിൻ്റെ അനുഭവം എല്ലാവർക്കും ഉണ്ട് ഒരു സംശയമുണ്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസയുടെ ആവശ്യമുണ്ടോ എല്ലാവരും ബ്രഹ്മജ്ഞാനികളാണ് ആത്മാവ് എന്ന ബ്രഹ്മം ആണ് ഈ പറഞ്ഞത് ഇപ്പൊ ബ്രഹ്മജ്ഞാനി അല്ലാതെ ആരെങ്കിലും ഉണ്ടോ അക്കാരണത്താൽ ജിജ്ഞാസ ആസ്പദം അതുകൊണ്ട് ഈ ബ്രഹ്മം ജിജ്ഞാസാസ്പദം ജിജ്ഞാസയുടെ വിഷയം അല്ല ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹം ആവശ്യമുണ്ട് എന്തുകൊണ്ട് ബ്രഹ്മത്തെല്ലാരും അറിയുന്നു ബ്രഹ്മത്തെ എങ്ങനെ അറിയുന്നു അഹം എന്ന് അറിയുന്നു അഹമെന്ന് അറിയുന്ന ഏതോ അതാണ് ബ്രഹ്മം ആ അഹം എന്നുള്ള ഈ അറിവ് പ്രത്യക്ഷമാണ് പ്രത്യക്ഷമാണ് ഇതെന്തെങ്കിലും ഭ്രാന്തിയാണോ അല്ല ഞാനൊന്ന് നേരിട്ട് അറിയുക ഇതൊക്കെ ആരാ പറയുന്നത് പൂർവക്ഷി ഈ പറയുന്നതിനോട് പൂർവക്ഷി രണ്ടു കാര്യം പറയാണ് ഒന്ന് ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി നിങ്ങൾ ഇനി ശ്രമിക്കേണ്ട കാര്യം ഇല്ല മറ്റൊന്ന് ഈ അനുഭവം അഹം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ഈ അനുഭവം യഥാർത്ഥമായ അനുഭവമാണ് ഇവിടെ അധ്യാസം ഇല്ല ഭ്രാന്തി ഇല്ല ഇതിനോട് എന്തിനെ അറിയുന്നു ബ്രഹ്മത്തെ തന്നെയാണ് അറിയുന്നത് അപ്പൊ അധ്യാസം ഉണ്ടെന്നാണ് അല്ലെ പക്ഷം സിദ്ധാന്തിയുടെ ഇല്ലെന്നാണ് ആരുടെ പക്ഷം അപ്പൊ അത് രണ്ടു കാര്യങ്ങളൂടെ സമർത്ഥിച്ചിരിക്കുകയാണ് മനസ്സിലായ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തഥാച ഇതം ബ്രഹ്മ അവിടെ പോലെ ഒരിക്കലും ഇവിടെ നോക്കിക്കൊള്ളുക തഥാച അസന്തിഗ്ധവും അപ്രയോജനവുമാണ് ഇതം ബ്രഹ്മ ജിജ്ഞാസയുടെ വിഷയമാണെന്ന് നിങ്ങൾ പറയുന്ന ബ്രഹ്മം ഇതി അക്കാരണത്താൽ വ്യാപക വിരുദ്ധ ഉപലബ്ധി ഈ ബ്രഹ്മത്തിൻ്റെ അനുഭവമുണ്ട് എന്ന് വെച്ചാൽ അസന്തിഗ്ധവും അപ്രയോജനവുമായ അനുഭവം ഉണ്ട് എന്നർത്ഥം തഥായി ബ്രഹ്മത്തിൻ്റെ അനുഭവം ഇങ്ങനെ പറയുന്നു ബൃഹത്വാ വ്യാപകമായതുകൊണ്ടും ബ്രഹ്മണത്വ ശരീരാദികൾക്ക് പരിണാമത്തെ വരുത്തുന്നത് കൊണ്ടും ബ്രഹ്മ ആത്മേവ ബ്രഹ്മ തന്നെയാണ് ബ്രഹ്മേദി ഗീയതേ ബ്രഹ്മ എന്ന് പറയപ്പെടുന്നത് ഗൈശബ്ദേ ഗീയതേ സചായം ഈ ആത്മാവ് ആ കീടപതങ്കേഭ്യ കീടപതംഗങ്ങളിൽ തുടങ്ങി ആചദേവർഷിഭ്യവാ ദേവന്മാരുവരെയുള്ള പ്രാണഭൃന്ദത്രസ്യ എല്ലാ പ്രാണികൾക്കും പ്രാണനുള്ള എല്ലാവർക്കും ഇതങ്കാരാസ്പദേഭ്യോ ദേഹേന്ദ്രിയ മനോബുദ്ധി വിഷയേഭ്യോ വിവേകേന ഇതം ഇതങ്കാരം ഇതമെന്നുള്ള അനുഭവം ഇതെന്നുള്ള അനുഭവം അതിനാസ്പദമായിരിക്കുന്ന വിഷയമായിരിക്കുന്ന ദേഹേന്ദ്രിയ മനോബുദ്ധി വിഷയപ്യോ ദേഹീന്ദ്രിയ മനോബുദ്ധി വിഷയങ്ങളിൽ നിന്നും വിവേകേന ഭിന്നമായി അഹമിതി ഞാനെന്നിങ്ങനെ അസന്തിഗ്ധമായ സംശയമില്ലാത്ത അവിപര്യസ്ഥമായ ഭ്രാന്തിയില്ലാത്ത അപരോക്ഷമായ അനുഭവ സിദ്ധമാണ് അപരോക്ഷമായ അനുഭവത്തിലൂടെ സിദ്ധമാണ് ആത്മാവ് ഇതി അതുകൊണ്ട് ന ജിജ്ഞാസാസ്പദം ഇതിനെക്കുറിച്ച് ജിജ്ഞാസയുടെ ആവശ്യം എന്തായാലും ജിജ്ഞാസയുടെ വിഷയമല്ല അതുകൊണ്ട് ബ്രഹ്മ അതിജ്ഞാസ്യമാണ് ഇനി ബ്രഹ്മത്തെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള അന്വേഷണവും ആവശ്യമില്ല എന്നാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള പ്രതിപിക്ഷ അറിയാനുള്ള ആഗ്രഹമേ വേണ്ട അറിഞ്ഞു കഴിഞ്ഞു അത് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണം വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം കൂട്ടിച്ചേർത്ത അർത്ഥം പറയാനും പഠിച്ചിരിക്കും എന്നാണ് <laughs> ഉം uh.